അവിടുത്തെ നബൂവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ നടത്തിയ രഹസ്യ പ്രബോധനത്തെ കുറിച്ചും പിന്നീട് അള്ളാഹു സുബ നബൂത്തെ ആല അവിടത്തോട് പരസ്യമായി പ്രബോധനം ആരംഭിക്കാൻ കൽപ്പിച്ചതും അവിടുന്ന് അതുമായി മുന്നിട്ടിറങ്ങിയതുമായ സംഭവങ്ങളാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലം അവിടുന്ന് ദേവത്തുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ കൊറൈശികൾ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിനു വേണ്ടി ധാരാളം വഴികൾ കണ്ടെത്തി അതിൽ പ്രധാനപ്പെട്ട വഴിയായിരുന്നു ഇസ്ലാമിനെ കുറിച്ചും നബിസാഹു അലി വസല്ലമയെ കുറിച്ചും വിശുദ്ധ ഖുർആാനിനെ കുറിച്ചുമെല്ലാം ജനങ്ങൾക്കിടയിൽ ആശയക്കുടൊപ്പം ഉണ്ടാക്കുക എന്നത് ഖുർആാൻ അള്ളാഹുവിൽ നിന്നാണ് എന്ന് നബിസൊല്ലാഹു അലഹി വസ്ല്ലം ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ മക്കയിലെ മുഷിരിക്കുകൾ അവർ പറഞ്ഞു മുഹമ്മദിനെ ഇത് പഠിപ്പിച്ചു നൽകുന്നത് ഒരു മനുഷ്യനാണ് ചിലർ പറഞ്ഞു നസ്റാനികളിൽപ്പെട്ട ഒരു യുവാവാണ് ചില ആളുകൾ വിശുദ്ധ ഖുർആാനിനെ فهي പറഞ്ഞു عليه ഇത് പഴമക്കാരുടെ പുരാണങ്ങളാണ് അവരെഴുതി വച്ച കഥകളാണ് അത് മുഹമ്മദിനിങ്ങനെ രാവിലെയും വൈകുന്നേരവും കേൾപ്പിക്കപ്പെടുകയാണ് അവരാരോപിച്ച ആരോപണമാണ് ഒരിക്കലും യോജിക്കാത്ത അനേകം വിശേഷണങ്ങൾ അവർ കൽപ്പിച്ചു നൽകി അവർ പറഞ്ഞു മുഹമ്മദ് സാഹിറാൻ മുഹമ്മദ് മാരണക്കാരനാണ് വേറെ ചിലർ പറഞ്ഞു മുഹമ്മദ് ഖരിദാബാൻ കൊടും കള്ളനാണ് വേറെ ചിലർ പറഞ്ഞു മുഹമ്മദ് ഷാഹിറാൻ കവിയാണ് വേറെ ചിലർ പറഞ്ഞു മുഹമ്മദ് മസൂറാണ് അവനെ ആരോ സെഹറ് ചെയ്ത് മരണത്തിൽപ്പെടുത്തിയിരിക്കുന്നതാണ് വേറെ ചിലർ പറഞ്ഞു ധാരാളക്കണക്കിന് വിശേഷണങ്ങൾ നബിഅഅലു പറഞ്ഞതുപോലെ അവരിൽ ചിലർ പറഞ്ഞു ഈ റസൂൽ ഇതെന്തൊരു റസൂലാണ് ഈ അക്കുല ഭക്ഷണം കഴിക്കുന്നു അസ്വാക്ക് അങ്ങാടികളിൽ കൂടെ നടക്കുന്നു ഇതാണോ റസൂൽ അള്ളാഹുവിന്റെ റസൂലാണോ ഇയാൾ അവർ പല രൂപത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കി ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ രീതികളിൽ പെട്ടതാൻ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇസ്ലാമിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടാക്കി അതിലിങ്ങനെ മുന്നേറുക എന്നതല്ല ഇസ്ലാമിന്റെ ശത്രുക്കളുടെ രീതി മറിച്ച് ധാരാളം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക ധാരാളം ആശയക്കുഴപ്പങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടുകയില്ല ഇവിടെ ഇങ്ങനെ ആക്ഷേപിക്കുക അവിടെ നിന്നിങ്ങനെ ആക്ഷേപിക്കുക ധാരാളം ആക്ഷേപങ്ങൾ അഴിച്ചുവിടുക ആക്ഷേപം പറയാൻ പ്രത്യേകിച്ച് അറിവിന്റെ ആവശ്യമില്ല അതാർക്കും പറയാം ഇത് മുഷരിക്കുകൾ കൊണ്ടുവന്ന വഴികളിലൊന്നാണ് അതായത് ഇസ്ലാമിനെ ചിന്തിക്കാൻ സാധ്യമാകുന്ന ഒരു മാനസിക നില ആളുകളിൽ നിന്ന് ഇല്ലാതെയാക്കുക ആവർത്തിച്ച് ഇസ്ലാമിനെ ആരോപണങ്ങൾ പറയുക ഇത് മക്കയിലെ മുഷരിക്കുകൾ കൊണ്ടുവന്ന രീതികളിൽ ഒന്നാണ് മറ്റൊന്ന് അവർ ചെയ്ത മറ്റൊരു കാര്യം നബിസാഹു അലഹി വസല്ലം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുകയും സഹാബികൾക്കും മറ്റുള്ളവർക്കും അത് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റുപോയാൽ അവിടെ ഇരുന്ന് ഖുർആാനിന് പരിഹസിക്കും അതിൽ മുൻബന്തിയിൽ നിന്നിരുന്നത് അന്നദ് റുബുനുൽ ഹാരിസ് എന്ന വ്യക്തിയാണ് ഇസ്ലാമിന്റെ ഏറ്റവും കടുത്ത ശത്രുക്കളിൽ ഒരാളാണ് അന്നദ് റുബുനു ഹാരിസ് അയാൾ ആയാണ് മരണപ്പെട്ടത് ബദർ യുദ്ധത്തിൽ അയാൾ എന്താണ് ചെയ്തിരുന്നത് അയാൾ റോമയെയും റോമയിലേക്കും പേർഷ്യയിലേക്കും യാത്ര നടത്തി എന്നിട്ട് അവിടെയുള്ള രാജാക്കന്മാരുടെ കഥകൾ കേട്ടു അവരുടെ പുരാണങ്ങൾ കേട്ടറിഞ്ഞു എന്നിട്ട് അയാൾ മക്കയിലേക്ക് തിരിച്ചു വന്നു നബുഅഅഅ അലഹി വസല്ലം റഹാൻ പാരായണം ചെയ്ത് ജനങ്ങൾക്ക് അത് കേൾപ്പിച്ചു കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ ഇയാൾ അവിടെ വന്നിരിക്കും എന്നിട്ട് അയാള് പഴയ യുദ്ധ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും ആളുകളെ രസിപ്പിക്കുന്ന കഥകൾ പറയും എന്നിട്ട് അയാൾ ചോദിക്കും ഇപ്പോൾ നിങ്ങൾ എന്റെ കഥയും മുഹമ്മദിന്റെ കഥയും കേട്ടു ആരുടെ കഥയാണ് കേൾക്കാൻ കൂടുതൽ രസമുള്ളത് ആരുടെ കഥയാണ് കൂടുതൽ കേൾക്കാൻ ആർക്കാണ് നന്നായി കഥ പറയാൻ കഴിയുന്നത് മുഹമ്മദ് കഥ പറയുന്നവനാണ് എനിക്ക് അതിനേക്കാൾ നല്ല കഥ പറയാൻ പറ്റും അവന്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആാനിൽ ധാരാളം ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലാഹു പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആാനിനെ ആക്ഷേപിച്ചുകൊണ്ട് മുഷിഖുകൾ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടിയായി വന്ന ആയത്തുകൾ എല്ലാം ഹാരിസിന്റെ കാര്യത്തിലാണ് പുരാണ കഥകളാണ് വിശുദ്ധ ഖുർആാൻ എന്ന് ഖുർആനിൽ മുഷിരിക്കുകൾ പറഞ്ഞതിനെ എടുത്തു പറഞ്ഞ എല്ലാ സന്ദർഭങ്ങളും ഇയാളെക്കുറിച്ചാണ് കാരണം ഇയാൾ അതിനു മാത്രം പ്രയാസമുണ്ടാക്കി ഇതും ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിലും മുഷിരിക്കുകൾ പയറ്റുന്ന രീതികളിൽ ഒന്നാണ് ഇത് ഇസ്ലാമിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ അവർ ചെയ്തു വരുന്ന വഴികളിലൊന്ന് വിനോദത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നു കൊടുക്കുക എന്നതാണ് ഒരു വിനോദം കഴിഞ്ഞാൽ അടുത്തത് അല്ലെ ആളുകൾ കണ്ടിട്ടില്ലേ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ ഒരു പാട്ട് കഴിഞ്ഞാൽ അടുത്ത പാട്ട് ജനങ്ങളെ വിനോദങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി തളച്ചിടുക അത് അവരുടെ മനസ്സുകളെ മയക്കത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കുകയില്ല ഇത് മുഷരിക്കുകൾ പഴങ്കാലഘട്ടങ്ങളിൽ ചെയ്തുവെന്ന രീതികളിൽ ഒന്നാണ് ഇസ്ലാമിൽ നിന്ന് ഗൗരവമുള്ള കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിനു വേണ്ടി ആളുകൾ ചെയ്തു വന്ന വഴികളിൽ പെട്ടതാണിത് അതുപോലെ തന്നെ മക്കയിലെ മുഷിരിക്കുകൾ സ്വീകരിച്ച മറ്റൊരു വഴിയാണ് റസൂൾ സഹാബികളെയും കണക്കെറ്റു പരിഹസിക്കുക എന്നത് പരിഹസിക്കുകയും ആളുകൾക്ക് മുന്നിൽ വഷളാക്കുകയും ചെയ്യുക മക്കയിലെ മുഷരിക്കുകൾ വ്യാപകമായി ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിനു വേണ്ടി കൊണ്ടുവന്ന വഴിയാണ് നടന്നു പോകുമ്പോൾ അവർ പറയും അവതരിക്കപ്പെട്ടു എന്ന് പറയുന്ന മുഹമ്മദ് ഇന്നക്കല മിജിനു നീ ഒരു ഭ്രാന്തനാണ് സുഹാൻ മനുഷ്യന്റെ മുന്നിൽ വന്നിട്ട് നല്ല ബുദ്ധിയുള്ള അല്ല അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ള റസൂളുള്ളയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് നീ ഭ്രാന്താണ് ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും മാനസിക അവസ്ഥ എന്തായിരിക്കും നമ്മൾ ഒരു കാര്യം ഒരു ഹക്കിലേക്ക് ക്ഷണിക്കുന്നു ഏറ്റവും നല്ല കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നു നിനക്ക് ഭ്രാന്തൻ എന്ന ആളുകളെല്ലാവരും ചുറ്റിക്കൂടി പറഞ്ഞാൽ അതുപോലെ തന്നെ റസൂൾ ഉള്ള നടന്നു പോകുമ്പോൾ അവരിങ്ങനെ കുത്തിപ്പറയും അഹമ്മദ് നബിയാണ് അത്രയാണില്ലേ എന്നിങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കും സഹാബികളെ ഇതുപോലെ തന്നെ അവർ കളിയാക്കി ഇതെല്ലാം മക്കയിലെ മുഷിരിക്കുകൾ പയറ്റിയിരുന്ന മാർഗങ്ങളിൽ പെട്ടതാണ് ചിലപ്പോൾ അവർ നബിസാഹു അലഹി വസല്ലമ്മയോടൊപ്പം ഉണ്ടായിരുന്ന സഹാബികളിൽ ഒരു വിഭാഗം ആളുകൾ ദരിദ്രരായിരുന്നു സമൂഹത്തിൽ വളരെ ശക്തിയില്ലാത്ത ആളുകൾ എല്ലാ സഹാബികളും ദരിദ്രരായിരുന്നില്ല സഹാബികളിൽപ്പെട്ട മഹാന്മാരായ മക്കയിലെ മുഷിരിക്കുകൾക്കിടയിൽ ആദരിക്കപ്പെടുന്ന നേതാക്കന്മാർ സഹാബികളായിട്ടുണ്ട് ആദ്യകാലഘട്ടത്തിൽ അതേപോലെ കുറച്ചാളുകൾ അവർ പാവപ്പെട്ടവരായിരുന്നു അടിമകളായിരുന്നു പ്രയാസമനുഭവിക്കുന്ന ആളുകളായിരുന്നു ഒരിക്കലും സല്ലാഹുഅലി വസല്ലം സഹാബികളെയും കൂട്ടി ഒരു സദസ്സിലിരിക്കുകയാണ് അപ്പോൾ റസൂർഹി സാഹുഅലി വസല്ലമ്മയുടെ അടുക്കൽ ിൽപ്പെട്ട ചില നേതാക്കന്മാർ വന്നു എന്നിട്ട് പറഞ്ഞു കൂട്ടാളികൾ ഈ കാണുന്ന ആളുകളാണ് നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇവർക്കാണോ അള്ളാഹു ഇവൻ ഈ പറയുന്ന സത്യം കൊടുത്തത് ഈ സമൂഹത്തിൽ വിലയും മാന്യതയുമുള്ള ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾക്കൊന്നും ലഭിക്കാത്തതാണോ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ടുവന്നത് നന്മയായിരുന്നെങ്കിൽ ഞങ്ങളായിരുന്നു അത് ആദ്യം സ്വീകരിക്കേണ്ടിയിരുന്നത് ഞങ്ങൾക്കാണ് സമ്പത്തുള്ളത് അധികാരമുള്ളത് പ്രശസ്തി ഉള്ളത് സ്ഥാനമുള്ളത് അവരിലെ ദരിദ്രരെ ഒരു കളിയാക്കിയിരുന്നു ഒരിക്കലും ബിസുലി സഹാബികളോടൊപ്പം ഇരുന്നപ്പോൾ മുഷിഖികളിലെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ വന്ന് പറഞ്ഞു നിന്റെ ഒപ്പമുള്ള ഈ പാവപ്പെട്ട ആളുകൾ ദരിദ്രരായ ആളുകൾ ഇവരെ നീ ഈ പറഞ്ഞ ആളുകളോടൊപ്പം ഞങ്ങൾക്ക് സാധിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്റെ മതം പിൻപറ്റുന്നതിനെ ചിന്തിക്കാം അങ്ങനെ ഒരു റസൂലയോട് വന്ന് പറഞ്ഞു നബിസല്ലാഅഅഅലി വസ്സലമയുടെ മനസ്സിൽ അത് കുറച്ചു ദിവസം തങ്ങി നിന്നു സഹാബികൾ പറയുകയാണ് അന്ന് റസൂളുള്ളയോടൊപ്പം കുറേറാക്കളുണ്ട് ദരിദ്രരായ അടിമകളായ പാവപ്പെട്ട ആളുകളുണ്ട് റസൂളുള്ള മനസ്സിൽ ഈ ചിന്ത കുറച്ചു ദിവസം മനസ്സിലുണ്ടായി അവിടുന്ന് അവസാനം അവിടുന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ദരിദ്രരായ ആളുകൾക്ക് ഒരു ദിവസം നിശ്ചയിക്കാം പണമുള്ള ആളുകൾക്കൊരു ദിവസം അങ്ങനെ രണ്ടു ദിവസം നിശ്ചയിക്കാം എന്ന് നബിസ്ലി വസ്സലാം ചിന്തിച്ചു അപ്പോഴാണ് വിശുദ്ധ ഖുർആാനിറങ്ങിയത് നമുക്ക് നിങ്ങൾ അള്ളാഹു ഇസ്ലാം മാത്രമാണ് മുസ്ലിമീങ്ങൾ പരസ്പരം ഇണങ്ങാനുള്ള കാരണമായി നിശ്ചയിച്ചത് സമ്പത്തോ അധികാരമോ സ്ഥാനമോ ഒന്നും ആക്കിയില്ല അള്ളാഹു പറഞ്ഞു രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ തിരുവതനം കാണണമെന്ന ആഗ്രഹത്തിൽ വിവാദത്ത് ചെയ്യുന്ന ആളുകൾ നീ അവരാട്ടിപ്പറഞ്ഞേക്കരുത് നീ അവരകറ്റരുത് മഹമ്മദ് അപ്പോൾ തന്നെ അള്ളാഹു സുബാനക്കി ആയത്തിറങ്ങുന്നത് ഈ സന്ദർഭത്തിലാണ് അതുപോലെ തന്നെ മക്കയിലെ മുഷരിക്കുകൾ അവരവസാനം കണ്ട അടവുകളിൽ ഒന്നാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലി അടുക്കൽ വന്നുകൊണ്ട് അവർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് യോജിക്കാവുന്ന കാര്യങ്ങളിലൊക്കെ യോജിക്കാം നീ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ അതിൽ ചെലുതിനെ ആരാധിച്ചോ ഞാൻ ഞങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെയും ആരാധിക്കാം നമ്മൾ അവിടെ കുറച്ചെടുക്കാം ഇവിടുന്ന് കുറച്ചെടുക്കാം അതിനെ കുറിച്ചാണ് അള്ളാഹു സുബാനു ആളെ പറഞ്ഞത് അവർ ആഗ്രഹിക്കുന്നുണ്ട് നീ ഒന്ന് മയപ്പെടുത്തിയാൽ അവർക്കും മയപ്പെടുത്താം ദുഹന് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എണ്ണക്കാണ് പറയാ അറബിയിൽ ദുഹന് എന്ന് പറഞ്ഞാൽ എണ്ണയാണ് എണ്ണ മയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കാര്യമാണ് നീ നിന്റെ ദീൻ ഇത്ര കണിശയോ കണിശതയോടുകൂടി കൊണ്ടുപോകാതെ കുറച്ചൊന്നും മയപ്പെടുത്തിയാൽ ചില കാര്യങ്ങൾ അവരത് നമ്മൾ എടുക്ക നമ്മൾ അവർക്ക് അങ്ങോട്ടും സംസ്കാരങ്ങളുടെ കൈമാറ്റം എന്ന ആളുകൾ ഇന്ന് വിശേഷിപ്പിക്കുന്ന കാര്യം അത് നമുക്ക് കുറച്ച് അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും കൊടുക്കാം നിന്റെ ആരാധ്യ വസ്തുക്കൾ ഞങ്ങൾ ആരാധിക്കുക നീ ഞങ്ങളുടെ കുറച്ച് ആരാധിക്കും നിന്റെ ആഘോഷങ്ങൾ ഞങ്ങൾ പങ്കെടുക്കോഷങ്ങൾ പങ്കെടുക്കുക നമ്മൾ അങ്ങനെ ഒരു മിക്സ് ആയി ഒരു പരസ്പര കൈമാറ്റത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം അഖയിലെ മുഷിഖുകളിലെ നേതാക്കന്മാരുടെ ബിസുള്ള അലഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചു അതിനെ ഈ തന്ത്രം എത്ര കടുത്തതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹു സുബാനഹുല അതിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് നമ്മൾ കേട്ടാൽ മതി അള്ളാഹു പറഞ്ഞു നാം നിന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നീ അവരിലേക്ക് ചെറുതായി ചെറുതായി ചാഞ്ഞുപോകാനായിട്ടുണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹു അലി വസല്ലം അവിടുത്തെ മുന്നിൽ അവർ അവതരിപ്പിച്ച ഈ തന്ത്രം ഇന്ന് മുസ്ലിമിൽ വ്യാപകമായി വന്നിട്ടുള്ള പ്രശ്നങ്ങളിലൊന്നാണ് അത് ദീന അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക അതുകൊണ്ടാണ് അവർക്കിടയിൽ ജാറങ്ങൾ കയറി പറ്റിയത് മരങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായത് അല്ല കല്ലുകൾ ആരാധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായത് മുസ്ലിമാണ് എന്ന് പറയപ്പെടുന്ന ആളുകളെ ഈ സംസ്കാരങ്ങളുടെ കൈമാറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാര്യം കൊണ്ടാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് അവിടുന്ന് പ്രയാസങ്ങൾ അങ്ങേറ്റം ഉണ്ടാകുമ്പോഴും അത് ഇസ്ലാമിക ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ ഒരു കണിഷ്ഠയും ഇല്ലാതെ ഉറച്ചു നിന്നു അതിലേക്ക് അന്യ മതസ്ഥരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ ഒന്നും തന്നെ സല്ലാഹു അലി വസ്ല്ലാം കൂട്ടിക്കലർത്താൻ സമ്മതിച്ചില്ല അല്ലെ അവർ പറഞ്ഞു ഒരു വർഷം നീ നിന്റെ ആരാധിച്ചു ഒരു വർഷം ഞങ്ങളുടെ ആരാധിച്ചു അപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ മനോഹരമായ സൂറത്തുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ അറിയപ്പെടുന്ന രണ്ടു പേരാണ് സൂറത്തിലുണ്ട് സൂറത്തുൽ സൂറത്തുൽ ഈ രണ്ട് പേരുകളിലും അറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിലെ മനോഹരമായ സൂറത്ത് അവതരിച്ചത് അല്ലാഹു പറഞ്ഞു പറയുക അല്ലയോ അല്ലാഹുവിന്റെ ദീൻ സ്വീകരിക്കാത്ത ആളുകളെ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുകയില്ല ഒരിക്കലും ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുകയില്ല ഈ കോലത്തിലാണ് നിങ്ങളെങ്കിൽ എന്റെ ദീനിലേക്ക് നിങ്ങൾക്കൊരിക്കലും വരാൻ പറ്റില്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റു പലതിനെയും ആരാധിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ നിങ്ങൾക്കും ഒരേ ദീനിലാവാൻ പറ്റില്ല നമ്മുടെ ദീൻ ഒരിക്കലും ലയിപ്പിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് വിശുദ്ധ ആ സുഹൃത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത് ലക്കും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ നിങ്ങളെടുത്തോ എനിക്കത് വേണ്ടതില്ലീൻ എനിക്ക് എന്റെ ദീനുണ്ട് അല്ല ഇന്ന് സുഹാൻ അല്ല ദുർവ്യാഖ്യാനിക്കപ്പെട്ട ആയത്തുകളിലൊന്നാണിത് അല്ലെ എന്ന് ജലാലിൽ പറയൂ ലക്കും ദീനുക്കും നിങ്ങൾ നിങ്ങളുടെ ദീനെടുത്തോലിയും ഞാനെന്റെ ദീനേറ്റ് നടന്നോണ്ട് അതല്ല അതിന്റെ അർത്ഥം അത് യഥാർത്ഥത്തിൽ അവരുടെ ദീനിനെ തള്ളിപ്പറയുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടുള്ള വാക്കാണ് ലഖും ദീനുക്കും നിങ്ങൾ നിങ്ങളുടെ ദീൻ എടുത്ത് എനിക്ക് അതിന് ആവശ്യമില്ലാന്ന് എന്റെ അർത്ഥം എനിക്ക് നിങ്ങളുടെ ദീൻ ആവശ്യമില്ല എനിക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ ആശയങ്ങൾ അതെനിക്ക് വേണ്ടതില്ല അതുകൊണ്ടാണ് ഈ ആയത് വിശദീകരിച്ചപ്പോൾ മുഫസ്ങ്ങളിൽ ചിലർ പറഞ്ഞത് ലഖും കുഫ്രുഖും നിങ്ങൾ നിങ്ങളുടെ കുഫ്രു എടുത്തോളും വലിയ ദീനിയൽ എനിക്ക് എന്റെ ദീനായ ഇസ്ലാം എനിക്ക് നിങ്ങളത് ആവശ്യമില്ല ഏതുപോലെ ഒരാൾ ഒരു കാര്യത്തിൽ തർക്കത്തിൽ രണ്ടുപേര് ഒരു കാര്യം വേണോ വേണ്ടെന്നുള്ള തർക്കത്തിലായി വിചാരിക്കുക അപ്പൊ ഒരുത്തൻ വിലയില്ലാത്ത പോലെ നീനെടുത്തോ എനിക്ക് വേണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതാണ് അതിന്റെ അർത്ഥം അതല്ലാതെ ലക്കും ദീനുഖുമെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ദീൻ എടുത്തോളൂ അത് നിങ്ങൾ സ്വീകരിച്ചോളൂ നിങ്ങൾ കൊണ്ടു നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് ഞാനതിനെ ബഹുമാനിച്ചോളാം എന്നൊന്നും അതിന്റെ അർത്ഥമില്ല മറിച്ച് അത് നിങ്ങളെടുത്തോളൂ എനിക്കത് വേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം അതിന് ഏറ്റവും വലിയ തെളിവാണ് ആ സൂറത്തിന്റെ ആരംഭം അല്ലെ വളരെ സ്നേഹത്തിൽ നിങ്ങൾ നിങ്ങളെ ദീനെടുത്തോളി എന്നാണ് പറഞ്ഞതെങ്കിൽ ആ ആയത്തിന്റെ സൂറത്തിന്റെ തുടക്കത്തിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലയോ ഖാഫിറുകളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ അത് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വാക്കല്ല മറിച്ച് ശക്തമായ വാക്കു പറഞ്ഞ സന്ദർഭമാണത് ഇന്ന് സുഭാൻ അത നിങ്ങൾ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ നിന്ന് മാറ്റി വായിച്ചാൽ ഉണ്ടാകുന്ന അപകടം നമുക്ക് മനസ്സിലാവും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മതേ എന്താ പറയാ എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാമെന്ന ചിന്തയുമായി വന്ന ആളുകളോട് റസൂൽഅലി വസല്ലമ്മ തിരിച്ചു പറയേണ്ടി വന്ന സൂറത്താണ് ഈ സൂറത്ത് അതാണ് ഇന്ന് ആളുകൾ മതങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലയിക്കണം എന്ന് പറയാൻ തെളിവാക്കുന്നത് ഖുർആൻ അതിന്റെ സാഹചര്യങ്ങളിൽ മാറ്റി വായിക്കപ്പെട്ടാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ദീനിൽ നിന്ന് നമ്മെ അകറ്റുക എന്നത് ൾ ആഗ്രഹിക്കുന്ന അവരുടെ പൊതുവായ ആഗ്രഹങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ടല്ലേ അള്ളാഹു അമുസ്ലിമീങ്ങളിൽ പെട്ട കുഫാറുകളിൽ പെട്ട ധാരാളം ആളുകൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മുസ്ലിം ആയതിനു ശേഷം അതിൽ നിന്ന് പുറത്തു പോവുകയും ഇസ്ലാമിനെ ഒഴിവാക്കുകയും അവരെ പോലെ കാഫറുകൾ ആവുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ചിന്ത ഇസ്ലാമിനെ നശിപ്പിക്കാൻ അതിൽ നിന്ന് നമ്മെ പുറത്തെത്തിക്കാൻ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ മുഷിരിക്കുകൾ ഉപയോഗിക്കുമെന്ന ചിന്തയും ബോധ്യവും ഓരോ മുസ്ലിമിന്റെയും മനസ്സിലുണ്ടായിരിക്കേണ്ടതുണ്ട് ശരി ഈ വഴികളെല്ലാം അവർ നോക്കി ഒന്നും നടന്നില്ല അങ്ങനെ മക്കയിലെ മുഷരിക്കുകൾ അവരുടെ നേതാക്കന്മാർ ഒരുമിച്ചുകൂടി അവർക്കിടയിൽ ചർച്ച നടന്നു എന്താണ് ഇനി ചെയ്യേണ്ടത് അവർ പറഞ്ഞു എല്ലാ അപീലകൾക്കും എല്ലാ ഗോത്രങ്ങൾക്കും നാം തീരുമാനമായി അറിയിക്കുക എന്താണ് തീരുമാനം ഇനി മുഹമ്മദിന്റെ ദീൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പിൻപറ്റുന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾ കഠിനമായി ഉപദ്രവിക്കുക അത് മുതൽ മുസ്ലിംങ്ങൾ ഉപദ്രവങ്ങളുടെ നീണ്ട നിര അനുഭവിക്കാൻ തുടങ്ങി അക്കയിലെ മുഷിരിക്കുകൾ കൊറൈശികൾ അവർ ഒരുമിച്ച് ചേരുകയും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കണം എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു അവരെല്ലാ കബീലകൾക്കും എല്ലാ ഗോത്രങ്ങൾക്കും ഈ തീരുമാനം അവർ അറിയിച്ചു അതോടുകൂടി മുസ്ലിമീങ്ങൾ അവർ പ്രയാസങ്ങളുടെ ദിനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി അതിനു മുൻപ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു അത് ഒന്നോ രണ്ടോ ആളുകൾ മൂന്നോ നാലോ ആളുകളിൽ ഒതുങ്ങി നിന്നിരുന്നു എന്നാൽ ഈ ഒരു തീരുമാനം വന്നതിന് ശേഷം ൾ വ്യാപകമായി ഉപദ്രവിക്കാൻ തുടങ്ങിയിലെ എല്ലാ കബീലകളും അവരുടെ കൂട്ടത്തിലുള്ള മുസ്ലിമീങ്ങളെ തെരഞ്ഞുപിടിക്കാൻ തുടങ്ങി ചില ആളുകൾ അവരെ തടവിലാക്കി ചില ആളുകൾ തടവിലാക്കുകയും അവരെ മർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു ചില ആളുകളെ പട്ടിണി കിട്ടു മറ്റു ചിലർക്ക് ദാഹ ദാഹം കഠിനമാകുന്നത് വെള്ളം കൊടുക്കാതെ പിടിച്ചു നിർത്തി ചിലരെ മക്കയിലെ ചുട്ടുപൊള്ളുന്ന വെയിലെത്തു കൊണ്ടുപോയി നിർത്തി അനേകം പ്രയാസങ്ങൾ മുസ്ലിംങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ആ സന്ദർഭത്തിൽ ചില ആളുകൾ പ്രയാസങ്ങളുടെ കാഠിന്യം കാരണത്താൽ ബുദ്ധിമുട്ടുകളുടെ കാഠിന്യം കാരണത്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളുണ്ട് അവർ തിരിച്ചു അവരുടെ മതത്തിലേക്ക് തന്നെ പോയി എന്നാൽ മറ്റു ചില ആളുകൾ അള്ളാഹുവിന്റെ സംരക്ഷണം കാരണത്താൽ അവർ ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിന്നു എന്നാൽ നമ്മുടെ റസൂലായ മുഹമ്മദ് അബ്ദില്ല സല്ലാഹു അലി വസ്ല്ലം അവിടത്തേക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു അതോടൊപ്പം അള്ളാഹുവിന്റെ സംരക്ഷണം കഴിഞ്ഞാൽ മക്കയിലെ ഏറ്റവും വലിയ നേതാവായ അബു പാലിബ് നബി സല്ലാഹു അലൈഹി വസ്ല്ലയുടെ മുന്നിൽ അവിടത്തേക്ക് വരുന്ന എല്ലാ ഉപദ്രവങ്ങളെയും തടുത്തുകൊണ്ട് മക്കയിലെ മുഷരിക്കുകൾക്ക് മുന്നിൽ നിൽക്കുന്ന അവസ്ഥയും ഉണ്ടായി അതുകൊണ്ട് തന്നെ ബിസ്വല്ലാഹു അലഹി വസ്ല്ലം ആദ്യ കാലഘട്ടത്തിൽ അബുതാലിബിന്റെ മരണം വരെ പ്രത്യേകിച്ച് റസൂളുള്ള ശക്തമായ ശാരീരിക ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നില്ല തീർത്തുമില്ല എന്നല്ല മറിച്ച് സഹാബികളിൽ ചിലർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ അതുപോലുള്ളതിനെ ബിസു അള്ളാഹു അലിഹി വസ്ല്ലം നേരിടേണ്ടി വന്നില്ല ഒന്ന് അവിടുന്ന് അവർക്കിടയിൽ കുറച്ച് സ്ഥാനമുള്ളയാളായിരുന്നു രണ്ട് അബൂ താലിബ് അദ്ദേഹത്തെ അവിടുത്തെ സംരക്ഷിച്ചിരുന്നു ഇങ്ങനെ ധാരാളം കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അലി വസല്ലം അവിടുന്ന് സംരക്ഷിക്കപ്പെട്ടു മക്കയിലെ ഈ കാലഘട്ടത്തിൽ പീഡനങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും നേതൃത്വം നൽകിയ ചില ആളുകളുണ്ട് അവരുടെ പേര് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട പേരുകളാണ് അതിൽ ഒന്നാമത്തെ ആൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഉപദ്രവിച്ചതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നയാൾ അബുലഹബാൻ അതുകൊണ്ടാണ് അയാളുടെ കാര്യത്തിൽ വിശുദ്ധ ഖുറാനിൽ ആയച്ചിറങ്ങിയത് എന്ന് തുടങ്ങുന്ന സൂറത്ത് അവന്റെ കാര്യത്തിലാണ് അള്ളാഹുയായിരുന്നു അയാൾ അയാൾ ഭദ്ര യുദ്ധത്തിന് ശേഷമാണ് മരിക്കുന്നത് അങ്ങേ ഏറ്റവും അവസ്ഥയിലാണ് അബൂ ലഹബ് മരിച്ചുപോയത് അതുപോലെ തന്നെ രണ്ട് അബൂ സുഫിയാനുമാർ അബൂ സുഫിയാൻ ഹാരിസ് അതുപോലെ തന്നെ അബു സുഫിയാൻ ഉള്ള ഹർബ് ഇവർ രണ്ടുപേരും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ആളുകളാണ് അബു സുഫിയാൻ ഉൽ ഹാരി ഹർബ് ഈ രണ്ടുപേരും പിന്നീട് മക്കം ഫിനുശേഷം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ആളുകളാണ് ഈ രണ്ടുപേർ അതുപോലെ തന്നെ ആദ്യ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ച ആളാണ് അതിൽ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അമർത്താൻ അദ്ദേഹം പലരെയും ശക്തമായി ഉപദ്രവിച്ചിരുന്നു ചില സ്ത്രീകളെ ഇസ്ലാം സ്വീകരിച്ച സ്ത്രീകളെ മടുക്കുവോളം അദ്ദേഹം തല്ലാറുണ്ടായിരുന്നു അടിച്ചടിച്ച് അദ്ദേഹത്തിന് മടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അടി നിർത്തു അതും സ്ത്രീകളെ അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ആളുകളെ ഉപദ്രവിച്ച കൂട്ടത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്നയാളാണ് അദ്ദേഹം പിന്നീട് മുസ്ലിം ആയ കാര്യം എല്ലാവർക്കും അറിയുന്നതെ അതുപോലെ തന്നെ റബിയായിയുടെ രണ്ട് മക്കൾബയും ഷൈബയും ഈ രണ്ടാളുകളും ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തിൽ മുസ്ലിമികളെ ഉപദ്രവിച്ചതിൽ നേതൃനിരയിൽ നിന്നിരുന്ന ആൾക്കാരാണ് ഇവർ ഇസ്ലാമിന്റെ നേതൃനിരയിൽ സഹാബികൾ അബുബക്കർ മറ്റും ഉണ്ടായിരുന്നെങ്കിൽ മുഷ്ലിഖുകളുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവർ അതുപോലെ തന്നെ ഫിറാൻ ഉമ്മ ഈ ഉമ്മത്തിന് ഫിറാവു എന്നറിയപ്പെട്ട അബുജഹൽ